യോ വാചോ നിവർത്ത മനസം ബ്രഹ്മണോ വിൻതി ോമയാണ സവാ പുരുഷവിധ तस्थता अन्वय त्रद्धि रतक्षिणप सत्यम उत्तरपक्ष आमा महपुछति तदप्यश्लोको बुद्वि യം തനുത്തെ കമാണി തനുത്തെ വിജ്ഞാനം ബ്രഹ്മ ചേദന പ്രമാതി ശരീരം പാർമ്മനോഹിത്ത आत्मा आत्मा अन्यो अंदर तेन പൂർണ शिम दक्षिणपक्ष प्रमोद उतरपक्ष आनन्द आत्मा पुच्छं ब्रह्मति ததப் பேஷ ஸ்லோகோ භవతి ශาศి යතෝ ವಾචෝนิవర్තন্তে อപ്രാപ്യ മനสาสหิත්‍යාติ இ භാവം ഇവിടെ കൂടുതൽ വിശദീകின்னല്ല ഇനി అది വിശദീകിക്കും తస్య పూర్వస్య ప్రాణమేసి ఏశయేవ ശരീരേ ഭവശാരീര മനോമയ പ്രാണമയനെ കുറിച്ച് മുമ്പ് പറഞ്ഞു പറയുന്നു ഈ പ്രാണമയന്റെ ആത്മാവാണ് മനോമയൻ പൂർവസ്യ പ്രാണമയ ശേഷേവാത്മാ പറഞ്ഞു ആത്മാ എന്ന് പറയുമ്പോൾ ആ പ്രാണമയനും ും വ്യാപിച്ചിരിക്കുന്നത് ആ പ്രാണമയനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്നത് ആന്തരമായിരിക്കുന്നത് അതുകൊണ്ട് മനോമയൻ അന്നം പ്രാണം മന ഈ ക്രമത്തിൽ ഒന്നിനും മറ്റൊന്ന് ആത്മാവാണ് എന്ന് പറയുന്നത് അത് വ്യാപകവും സൂക്ഷ്മവുമായ തസ്മാസ്മാത് ഇത്യാദി പൂർവ മറ്റു ഭാഗങ്ങളിലെല്ലാം പൂർവ്വത്തിൽ മനസ്സിലാക്കി ഇതുപോലെ മനസ്സിലാക്കണം അന്യോ അന്തരാത്മ വിജ്ഞാനമയോ മനോമയസി അഭ്യന്തരോ അതിനുള്ള മനോമയനേക്കാൾ സൂക്ഷ്മമായി വിജ്ഞാനമയൻ മനോമയസി മനോമയോ വേദാത്മോക്ത ആ വേദസ്വരൂപമായിരിക്കുന്ന മനോമയനെ കുറിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് പറയുന്നു അതിൻ്റെയും ആത്മാവായിരിക്കുന്നു വിജ്ഞാനമയൻ അത് മനോമയനേക്കാൾ സൂക്ഷ്മയ ബുദ്ധി നിശ്ചയാത്മിക വിജ്ഞാനം തച്ഛ അധ്യവസായ ലക്ഷണം അന്ധകരണസ്യ ധർമ്മ തന്മയ നിശ്ചയവിജ്ഞാനേഹി പ്രമാണരൂപേഹി നിർവർത്തിക ആത്മാവിജ്ഞാനമയഹ ഇവിടെ വിജ്ഞാനം എന്നുള്ളതുകൊണ്ട് എന്തിനെടുക്കണം ബുദ്ധി തന്നെ അങ്ങനെ വേദാർത്ഥ വിഷയ ബുദ്ധി കാരണം മുമ്പ് മനസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ വേദത്തോട് ബന്ധപ്പെടുത്തിയ പറഞ്ഞത് അതുകൊണ്ട് ബുദ്ധിയേയും വേദത്തോട് ബന്ധപ്പെടുത്തി പറയുന്നു വേദാർത്ഥ വിഷയമായ ബുദ്ധി മുഖ്യമായ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്നത് വേദമാണ് കാരണം വേദമാണ് അലൗകികമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് അലൗകികം അതീന്ദ്രിയം ആയ വിഷയങ്ങളെക്കുറിച്ചുള്ള ആ ബുദ്ധി അലൗകികമായ ബുദ്ധി അതും സംശയം ധർമ്മം ഒന്നുമില്ലാതെ ഉള്ള ബുദ്ധി നിശ്ചയാത്മിക വിജ്ഞാനം അതെന്ന് വെച്ചാൽ അധ്യാവസായ ലക്ഷണം നിശ്ചയരൂപത്തിലുള്ളത് അന്ധക്കരണ സെ ധർമ്മ അന്ധകർണത്തിന്റെ സ്വഭാവമാണ് അന്ധകർണം തന്നെ അഗ്നിയുടെ ധർമ്മമാണ് ഉഷ്ണം എന്ന് പറയുന്നവര് അഗ്നിയുടെ ധർമ്മമാണ് ഉഷ്ണമെന്ന് പറഞ്ഞാൽ അത് അഗ്നി തന്നെ ഉഷ്ണം അഗ്നി തന്നെ രണ്ടാമതൊന്നല്ല അതുപോലെ അന്ധകരണം തന്നെയാണ് പക്ഷേ അത് വിജ്ഞാന രൂപത്തിലാവും യഥാർത്ഥ ജ്ഞാനരൂപത്തിലാവും ഔപാധി തന്മയോ നിശ്ചയവിജ്ഞാനേ പ്രമാണരൂപേഹി നിർവർത്തിത ആത്മാവിജ്ഞാനമേ ആ രൂപത്തിലുള്ളത് നിശ്ചയവിജ്ഞാനം അത് സംശയം ഭ്രാന്തിയൊന്നും അല്ലതുകൊണ്ട് പറഞ്ഞു പ്രമാണരൂപേഹി പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് സത്യത്തെ ബോധിപ്പിക്കുന്നത് അങ്ങനെയുള്ള വിജ്ഞാനം ആ വിജ്ഞാനരൂപത്തിലുള്ളത് പ്രമാണ വിജ്ഞാന പുറക്കോഹി യജ്ഞാതിസ്ഥായജ്ഞവും മറ്റും അനുഷ്ഠിക്കുന്നു അത് ഒരു വെറും കല്പനയുടെ അടിസ്ഥാനത്തിലല്ല ആരുടെയെങ്കിലും മനസ്സിൽ അവരുടെ ഭാവന അനുസരിച്ച് അവർ അവർക്ക് തോന്നുന്ന രീതിയിലല്ല ചെയ്യുന്നത് യജ്ഞവും മറ്റും വേദത്തിന് നിർദ്ദേശിച്ച രീതിയിൽ തന്നെ ചെയ്യും യാതൊരു മാറ്റവും വരുത്താതെ ഒരു വ്യത്യാസവും വരാതെ തന്നെ അത് വേദം വിധിച്ചതാണ് വിധിയനുസരിച്ച് പാടും വിധിയിൽ ഒരു ന്യൂനതയും വരാൻ പാടില്ല വന്നുകഴിഞ്ഞാൽ അത് പ്രമാണവിജ്ഞാനം വേദവിജ്ഞാനം അപ്പോൾ ജ്ഞാനത്തിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം വേദജ്ഞാനത്തിനാണ് അത് അലൗകികമായി തോന്നി ആ വേദജ്ഞാനത്തിന് അനുസരിച്ച് യജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്നു അലൗകികമായ കർമ്മങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് ആ ബുദ്ധി അലൗകികമായ ബുദ്ധി ിയമായ ബുദ്ധി അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായ ബുദ്ധി ആന്തരികമായ ബുദ്ധി സർവത്തിനും ആധാരമായിരിക്കുന്ന ആ ബുദ്ധി ആ ബുദ്ധിമേനായിരിക്കുന്ന യജ്ഞാദി ഹേതുത്വം ചിരി വിജ്ഞാനമാണ് യജ്ഞാതിക്ക് ഹേതു എന്തിനും ഹേതു വിജ്ഞാനമാണ് അറിവില്ലാതെ വേദമില്ല യാഗമില്ല ഒന്നുമില്ല എല്ലാം ജീവന്റെ വിജ്ഞാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ആ വിജ്ഞാനമയനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു യജ്ഞാദികൾക്കും ഹേതുവായിരിക്കുന്ന ആ വിജ്ഞാനം അതിവിടെ മന്ത്രത്തിൽ വ്യാഖ്യാനിക്കുന്നു യജ്ഞാത ഹേതുത്വം യജ്ഞാദികൾക്കും ഹേതുവാണ് വിജ്ഞാനം ആ വിജ്ഞാനമയൻ അത് കൂടുതൽ മന്ത്രമാണ് വ്യാപകമാണ് തിനെക്കുറിച്ച് വിശദീകരിക്കുന്നു നിശ്ചയം ശരിയായ വേദാർത്ഥ ജ്ഞാനം ഉണ്ടാവും വേദത്തിന്റെ താല്പര്യം ഇന്നതാണ് വേദം ഇന്നതാണ് ബോധിപ്പിക്കുന്നത് എന്നുള്ള അതാണ് നിശ്ചയ വിജ്ഞാൻ വിധിച്ചിരിക്കുന്ന കർത്തവ്യം എന്താണെന്ന് ബോധിക്കുന്നു കർത്തവ്യേഷു ഇതിനെനിക്ക് ചെയ്യേണ്ടതാണ് അഗ്നിഹോത്രം എന്റെ കർത്തവ്യമാണ് സ്വാധ്യായം എന്റെ കർത്തവ്യമാണ് ഇങ്ങനെ കർത്തവ്യ കർമ്മങ്ങളെ കുറിച്ച് ബോധമുണ്ടാകുന്നു അതിനെന്താ കാരണം വിജ്ഞാനം ആ ബോധം കൊണ്ടോ ശ്രദ്ധ ഉത്പദ്ധ്യത അതിൽ ശ്രദ്ധ വരുന്നു വിശ്വാസം വരുന്നു ഇത് ചെയ്യേണ്ടതാണ് എന്റെ കർത്തവ്യമാണ് ഇത് ചെയ്താൽ അതുകൊണ്ട് ഫലമുണ്ടാകും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കൃത്യവായുമുണ്ടാകും ഇത്തരത്തിലുള്ള ശ്രദ്ധ മുഴുവനുണ്ടാകും സർവകർത്തവ്യാനും പ്രാഥമ്യ സർവവേദർമ്മത്തെ സംബന്ധിച്ചും പ്രാധാന്യം എന്തിനാണോ ശ്രദ്ധയ്ക്കാണ് ശ്രദ്ധയില്ലെങ്കിൽ അത് വിശ്വാസമില്ലെങ്കിൽ അവൻ വേദത്തെ ശ്രദ്ധിക്കില്ല വേദത്തെ അവൻ നിന്ദിക്കും അല്ലെങ്കിൽ അവഗണിക്കും വേദമസംബന്ധമാണെന്ന് പറയും ഇവിടെ കർത്തവ്യമായിട്ട് വേദത്തിൽ വിധിച്ചത് മാത്രമേ ഉള്ളൂ അവന് സർവകർത്തവ്യമെന്ന് പറയുമ്പോൾ വൈദികമായ കർമ്മങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന് പ്രാധാന്യം ഒരു ജീവനെ സംബന്ധിച്ച് അവൻ അതിനെ പ്രധാനമായി കാണുന്നതിന് മുഖ്യമായ കാരണം എന്താണ് ശ്രദ്ധ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവന് വേദമില്ല വൈദിക കർമ്മങ്ങളുമില്ല കേവലം ശ്രദ്ധയെ ആശ്രയിച്ചാണ് അതുകൊണ്ടിവിടെ അവിജ്ഞാനമേൻ്റെ ശിരസ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നു ശ്രദ്ധയാണ് ജ്ഞാനത്തിൻ്റെ ശിരസാണ് ശ്രദ്ധ ശ്രദ്ധയുള്ളവന് ജ്ഞാനം ഉണ്ടാകത്തില്ല വൈദികമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒന്നും കർമ്മത്തെ സംബന്ധിച്ച് ഉപാസനകളെ സംബന്ധിച്ച് ബ്രഹ്മജ്ഞാനവും അതിനെ സംബന്ധിച്ചായാലും മുഖ്യം ശ്രദ്ധ തന്നെ ആ ശ്രദ്ധയില്ലാത്തവന് ജ്ഞാനം ലഭിക്കില്ല ശ്രദ്ധാവാൻ ലഭതെ ശ്രദ്ധയുള്ളവനെ ജ്ഞാനം ലഭിക്കുന്നുള്ളു അതുകൊണ്ടത് ശിരസാണ് ആ ആശ്രയിച്ച് ഞാനും പ്രവാസിക്കുന്നു അതുകൊണ്ട് പറയുന്നു അത് ശിരസ് പോലെയാണ് അതുകൊണ്ട് ശ്രദ്ധയെ വിജ്ഞാനം എൻ്റെ ശിരസായി സ്വീകരിച്ചിരിക്കുന്നു വ്രതസത്യെ യഥാഖ്യാത ഇവ വ്രതം വധിഷിക്കാം സത്യം വധിഷികം അവിടെ വ്രതം സത്യം ഇതെല്ലാം യോഗ യുക്തി സമാധാനം യോഗം യുക്തി യോജിപ്പിക്കൽ എന്നുള്ളത് യുക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന യോജിക്ക് എന്നുള്ള അർത്ഥത്തിലല്ല യോജിപ്പിക്കുക എന്നുള്ളത് ചിന്തയിലുള്ള യുക്തിയല്ല മനസ്സെന്താണ് സമാധാനം അത് വേണം വിജ്ഞാനത്തിൽ വിജ്ഞാനത്തിൻ്റെ ശിരസായിരിക്കുന്നു ശ്രദ്ധ അതേ വിജ്ഞാനത്തിൻ്റെ ആത്മാവ ആത്മാ ആത്മാവായിരിക്കുന്നു സമാധാനം ശ്രദ്ധയും സമാധാനമില്ലാത്തവന് വിജ്ഞാനമില്ല ശ്രദ്ധയുണ്ട് അസ്വസ്ഥനാണ് സ്വസ്ഥതയില്ല ഇവരുടെ മനസ്സിൽ വിജ്ഞാനത്തിൽ സ്വസ്ഥതയില്ല വിജ്ഞാനമില്ല അവനൊരു വിജ്ഞാനമില്ല എന്ന് പറയുന്നു ആ സമാധാനം എന്ന് പറയുന്നത് യോഗം അത് ആത്മാവ് പോലെ ആത്മാത്മ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവാണ് സാരമായിരിക്കുന്നത് ത്മവത്തു സമാധാനവോ അംഗാനീവ്രദ്ധാ യഥാർത്ഥ പ്രതിപത്തിമാണിതി സമാധാനം യോഗ ആത്മാനമേശ്രദ്ധ ആത്മാവാൻ അതെന്ന് പറയുന്നു യുക്തൻ എന്നുവെച്ചാൽ സമാധാനം ഉള്ളവൻ വിജ്ഞാനത്തിൽ സമാധാനമുള്ളവൻ വിജ്ഞാനത്തിൽ സ്വസ്ഥതയുള്ളവൻ അവൻ്റെ അംഗങ്ങളെപ്പോലെയാണ് ആത്മാവും അതിൻ്റെ അംഗങ്ങളും പോലെ നേരത്തെ പറഞ്ഞുള്ളത് ശരീരത്തിൻ്റെ മധ്യഭാഗം അത് ആത്മാവാണ് അംഗങ്ങൾ അതിൽ ഉറച്ചിരിക്കുന്നു അതുപോലെ വിജ്ഞാനത്തിൻ്റെ ആത്മാവാണ് സമാധാനം അതിൻ്റെ ശിരസും മറ്റുമാണ് ശ്രദ്ധയും മറ്റ് ശ്രദ്ധാധീനിയും അതെല്ലാം വേണം മുഖ്യം സമാധാനം യഥാർത്ഥ പ്രതിപത്യക്ഷമാണ് ഭവ യഥാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് സമാധാനം ശ്രദ്ധ ഇതെല്ലാം മുഖ്യമാണ് യഥാർത്ഥം എന്ന് പറയുമ്പോൾ ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് വേദാർത്ഥം വേദത്തിന്റെ ശരിയായ താല്പര്യം വേദത്തിന്റെ ശരിയായ താല്പര്യം എന്താണ് ഒന്ന് കർമ്മം മറ്റൊന്ന് ഉപാസന എന്ന് വരുന്നത് തത്വജ്ഞാന് ഇത് മൂന്നും വേദാർത്ഥമാണ് തത്വജ്ഞാനം മാത്രമല്ല വേദാർത്ഥം അധികാരി ഭേദമനുസരിച്ച് കർമ്മവും ഉപാസനയും തത്വജ്ഞാനം എല്ലാം വേദാർത്ഥമാണ് അത് യഥാർത്ഥ പ്രതിപത്യക്ഷമാണ് അതിൽ എന്താണ് വേദത്തിൽ നിർദ്ദേശിക്കുന്ന ശരിയായ കർമ്മങ്ങൾ എന്താണ് വേദത്തിൽ നിർദ്ദേശിക്കുന്ന ശരിയായ ഉപാസന യഥാർത്ഥമായ തത്വജ്ഞാനം എന്താണ് ഇത് വിജ്ഞാനത്തിൻ്റെ തലത്തിലാണ് ഗ്രഹിക്കുന്നത് ആ വിജ്ഞാനം ശ്രദ്ധയാകുന്ന ശിരസോടും സമാധാനമാകുന്ന ആത്മാവോടും കൂടിയിരിക്കുന്നു തസ്മാ സമാധാനം യോഗ അതുകൊണ്ടിവിടെ സമാധാനം എന്നാണ് യോഗശബ്ദത്തിന്റെ അർത്ഥം ആത്മാ വിജ്ഞാന വയസ് അതാണ് വിജ്ഞാനമേൻ്റെ യോഗശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥം അത് തന്നെ സമാധാനം എന്ന് തന്നെ സാധാരണ യോഗത്തിന്റെ ഉപായത്തിന് യോഗശബ്ദം പ്രയോഗിക്കും ഉപേയത്തിന് യോഗശബ്ദം പ്രയോഗിക്കും ഉപായത്തിൽ പ്രയോഗിക്കുമ്പോൾ യോഗശബ്ദത്തിന് മറ്റു പല അർത്ഥങ്ങളും തരും പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ശാരീരികമായ മാനസികമായ അഭ്യാസങ്ങൾ അതിനെല്ലാം യോഗം എന്ന് പറയും അതെല്ലാം യോഗത്തിന്റെ ഉപായം എന്നുള്ള ആലക്കാണ് യോഗത്തെ നേടുന്നതിന് പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് ആസനം പ്രാണായാമം പ്രത്യാഹാരം തുടങ്ങിയ അഭ്യാസം ധാരണ ധ്യാനം ഇതെല്ലാം യോഗത്തിൻ്റെ ഉപായുള്ള അംഗങ്ങളെന്ന് പറയുന്നു പക്ഷെ മുഖ്യമായ യോഗം എന്താണോ ആ സമാധാനത്തിന് ആ സമാധാനം അത് വിജ്ഞാനത്തിൻ്റെ ആത്മാവായിരിക്കുന്നു ആ വിജ്ഞാനത്തിലൂടെ എത്തിച്ചേരേണ്ടവിടെ എന്റെ ആത്മാവായ സമാധാനത്തിൽ സർവയോഗത്തിന്റെയും ലക്ഷ്യം ഉപേയമായിരിക്കുന്ന സമാധാനമാണ് മഹപുച്ഛം പ്രതിഷ്ഠ മഹ ഇതി മഹത്തത്വം പ്രഥമജം മഹ യക്ഷം പ്രഥമജം ഇതി ശ്രുത്യന്തരാത് ശ്രുതി പറയുന്നു അതാരാണ് ആദ്യം ഉണ്ടായത് മഹത്വത്വം അതിന് തന്നെ ചില ധീരണ്യഗർഭൻ കാര്യബ്രഹ്മും അല്പസ്വല്പം വ്യത്യാസത്തോടുകൂടി ചില സ്ഥലത്ത് പ്രജാപതി അതിന്റെ വ്യത്യാസം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് മഹത്തത്വം എന്നും പറയും അതാണിതിന്റെ പുച്ഛം പ്രതിഷ്ഠ അതിനാധാരമായിരിക്കുന്നത് ആ മഹത്തത്വം സൃഷ്ടിയിൽ ആദ്യം ഉണ്ടാകുന്നതാണ് ആ മഹത്വം ഉണ്ടാകുന്ന തത്വത്തിനാണ് മഹത്വം എന്ന് പേര് കൊടുത്തിരിക്കുന്നത് അതിനെ ആശ്രയിച്ചിട്ടാണ് മറ്റു സൃഷ്ടികളെല്ലാം നിലകുന്നത് ആ മഹത്തത്വം അതുതന്നെയാണ് ഈ വിജ്ഞാൻ അതാണ് സർവത്തിനും ആധാരമായിരിക്കുന്നത് ആ മഹത്വത്വത്തെ ആശ്രയിച്ചാണ് ഹിരണ്യഗർഭനുണ്ടാകുന്നത് അതിന് ഉപാധ്യായ സ്വീകരിച്ച് ഉണ്ടാകുന്നു ജീവൻ പ്രകടമാവുന്നതും ആ മഹത്വത്തെ ആശ്രയിച്ചിട്ടാണ് ജീവഭാവം വരുന്നതും മഹത്വത്തെ ആശ്രയിക്കുന്നു ഇതിന് തന്നെ സാങ്കേ്യശാസ്ത്രത്തിന് മഹത്വം തത്വം എന്ന് പറയുന്നത് അതിനിടെ പറഞ്ഞു മഹത്യക്ഷം യക്ഷൻ എന്ന് പറയുമ്പോൾ പുരാണത്തിൽ പറയുന്ന യക്ഷൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ എന്താണ് മഹത്തത്വം ആണ് യക്ഷശബ്ദം അങ്ങനെ ഉപയോഗിക്കുന്ന യക്ഷം ബ്രഹ്മം എന്നും പറയാറുണ്ട് ഇവിടെ മഹത്തത്വം മഹത്വം സൃഷ്ടിയിൽ പ്രകടമാകുമ്പോൾ അമഹത്തത്വമാവുന്ന ഉപാധിയെ ആ പരമാത്മാവിനെ സ്വീകരിക്കുന്നു ജീവഭാവം വരുന്നു അത് സമഷ്ടിയിലും വഷ്ടിയിലും വരുന്നു സമഷ്ടിയിൽ രണ്ണീർ ആയി വരുന്നു വൃഷ്ടിയിൽ ജീവനായി വരുന്നു അനന്ത ജീവന്മാരായി സർവാധാരമായിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു അത് പ്രതിഷ്ഠ കൂടുതൽ അന്നം പ്രാണൻ മനസ്സ് വിജ്ഞാനം ഇങ്ങനെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാകുമ്പോൾ പറഞ്ഞു നമ്മൾ അത് കൂടുതൽ വ്യാപകമാകുന്നു സർവാധാരമാകുന്നു ആന്തരമാകുന്നു ആ ജീവന്റെ യഥാർത്ഥമായ തത്വം ആയി മാറുന്നു പുച്ഛം പ്രതിഷ്ഠ കാരണത്വ പ്രതിഷ്ഠ എന്നെന്തുകൊണ്ട് പറഞ്ഞു നേരത്തെ പറഞ്ഞു പ്രത്യേക തിഷ്ഠതി അതിനെ ആശ്രയിച്ചിരിക്കുന്നത് കാരണമായിരിക്കുന്നു ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും എല്ലാം എന്താണ് ജീവന്റെ ബുദ്ധിയാണല്ലോ ഇതെല്ലാം ഉണ്ടെന്നും ഇല്ലെന്നും സത്യമൊന്നും അസത്യമൊന്നും സർവ ബുദ്ധിയാണ് ബുദ്ധി ആശ്രയിച്ചല്ലേ പറയുന്നു ബുദ്ധിയാശ്രയിച്ചാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് ബ്രഹ്മം പോലും നിലനിൽക്കുന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഒരുവന്റെ മനസ്സിൽ ആണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് സർവകാരണമായിരിക്കുന്ന ആ വിജ്ഞാനമയൻ കാരണം കാരണമാണ് കാര്യത്തിന് പ്രതിഷ്ഠ ആയിരിക്കുന്നത് ഒരു കാര്യത്തെ അപേക്ഷിച്ച് കാരണത്തെ പ്രതിഷ്ഠ എന്ന് വിളിക്കുന്ന യഥാ ഉച്ഛ വിരുധാം പൃഥിവിക്കും മറ്റ് ൾക്കും എല്ലാം എന്താണ് പൃഥിവി പ്രതിഷ്ഠയാണ് എന്തുകൊണ്ട് അവിടെ നിന്നാണ് അതുണ്ടാകും അതിനാശ്രയിച്ചാണ് അത് ജനിക്കുന്നത് നിലനിൽക്കുന്നത് നശിക്കുന്നത് അതുപോലെ സർവാധാരമായിരിക്കുന്ന ആ മഹത്വത്വം ബുദ്ധിതത്വം അതിനാശ്രയിച്ചാണ് വിജ്ഞാനമയൻ രൂപം പ്രാപിച്ചത് വിജ്ഞാനമയനായ ജീവനായി അതുകൊണ്ടത് സർവാധാരമായിരിക്കുന്നു സർവ ബുദ്ധിവിജ്ഞാനം ച മഹത്വം കാരണം പറഞ്ഞു സർവ്വബുദ്ധി വിജ്ഞാനങ്ങൾക്കും മഹത്വമാണ് കാരണമായിരിക്കുന്നത് തേനാ തദ്ജ്ഞാനമയ ആത്മന പ്രതിഷ്ഠ അതുകൊണ്ട് ആ വിജ്ഞാനമയ പ്രതിഷ്ഠയായിരിക്കുന്നു ആ മഹത്വം തദപ്പ്ലോകോഭവതി പൂർവടെ ജീവന്റെ ഓരോ തലങ്ങളെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വ്യാപകത്തിലേക്ക് മഹത്വത്തിലേക്ക് വിജ്ഞാനമയൻ ആകുന്ന ജീവൻ ഈ അന്നമയനായ ജീവനാപേക്ഷിച്ച് മഹത്താണ് വ്യാപകമാണ് സൂക്ഷ്മമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് യഥാന്നമയാതീന ബ്രാഹ്മണോത്ഥാന പ്രകാശക ശ്ലോക ഏവം വിജ്ഞാനമയസ്സിയാക്കി ഈ മന്ത്രങ്ങൾ എന്തു ചെയ്യുന്നു അന്നമയാദികളെ പ്രകാശിപ്പിക്കുന്നു ജീവന് അവൻ്റെ സ്വഭാവവിശേഷങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നു അതുപോലെ വിജ്ഞാനത്തിലൂടെ വിജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു വിജ്ഞാന സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു വിജ്ഞാനമയെന്ന് പറഞ്ഞാൽ വിജ്ഞാനസ്വരൂപനായിരിക്കുന്നു ജീവന് വിജ്ഞാനസ്വരൂപമായൊരു ഭാവമുണ്ട് ആ വിജ്ഞാനത്തേണ് നമ്മൾ അറിവ് ബോധം എന്നെല്ലാം പറയുമ്പോൾ സാധാരണമായി ഗ്രഹിക്കുന്നത് അതിനെയാണ് വിജ്ഞാനം യജ്ഞം തനു വിജ്ഞാനി യജ്ഞം തനോ ശ്രദ്ധാതിപൂർവകം പറഞ്ഞത് മുഖ്യമായും വേദത്തെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ചിന്ത ഇവിടത്തെ വിഷയം ലൗകികമല്ല അലൗകികമാണ് അലൗകികമായ വിഷയങ്ങളെയാണ് വേദം വെളിപ്പെടുത്തുന്നത് വിജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണ് ലൗകികമായ ചിന്തക്കോ പ്രവൃത്തിക്കോ മറിച്ച് യജ്ഞം തനു തീ വിജ്ഞാനമാനോ തീ വിജ്ഞാനമുള്ളവനാൽ യജ്ഞം ചെയ്യുന്നു യജ്ഞം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു സർവ്വകർമ്മത്തിനും വിജ്ഞാനം കാരണമാണല്ലോ ലൗകികമായ കർമ്മങ്ങളും വിജ്ഞാനത്തെ ആശ്രയിച്ചാണ് യജ്ഞത്തിനെന്താ പ്രാധാന്യം വരുന്നത് ശ്രദ്ധ അതിപ്പുറപ്പ് കാരണം ഇവിടെ ശ്രദ്ധ ശിരസാണെന്ന് പറഞ്ഞു സമാധാനം ആത്മാവാണെന്ന് പറഞ്ഞു അതെല്ലാം ശ്രദ്ധ തുടങ്ങിയ കാര്യങ്ങളെ മുഖ്യമായി ആശ്രയിക്കുന്നത് യജ്ഞാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ് ലൗകികമായ കർമ്മങ്ങൾക്ക് അത്ര ശ്രദ്ധയുടെ ആവശ്യമുണ്ട് ശ്രദ്ധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുഷ്ഠിക്കും പക്ഷേ യജ്ഞം ശ്രദ്ധ കൂടാതെ സാധ്യ ശ്രദ്ധ കൂടാതെ യജ്ഞം പൂർത്തിയാകത്തില്ല പൂർണമാകത്തില്ല യജ്ഞ പൂർത്തി ശ്രദ്ധ ആശ്രയിച്ചിട്ടാണ് അവിടെ യജ്ഞം ഫലത്തെ ചെയ്തിട്ടുള്ളു ആത്മതത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് വീണ്ടും യജ്ഞത്തെക്കുറിച്ച് എന്തിനു പറയും കാരണം ആത്മതത്വത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് യജ്ഞവും എന്തുകൊണ്ട് ആത്മതത്വം എങ്ങനെയാണോ അലൗകികമായിരിക്കുന്നത് വേദ പ്രമാണിക ഗമ്യം എന്ന് പറയും അതുപോലെ തന്നെ അതും അലൗകികമാണ് വേദം അസത്യം പറയില്ല അനർഥം പറയില്ല വേദം വെളിപ്പെടുത്തുന്നത് സത്യമാണ് സത്യമായ യജ്ഞാദികളെയും വേദം വെളിപ്പെടുത്തിയിരിക്കുന്നു അത് ശ്രദ്ധാദികളോടുകൂടി മാത്രം അനുഷ്ഠിക്കത്തക്കതാണ് ലൗകിക കർമ്മങ്ങളെ പോലെയല്ല അതുകൊണ്ടാണ് വിജ്ഞാനം യജ്ഞം തനത്തെ യജ്ഞത്തെയും വിജ്ഞാനത്തെയും ബന്ധിപ്പിക്കുന്ന അതുകൊണ്ടാണ് അതോ വിജ്ഞാന കർത്തൃത്വം തനത്തേ കർമാണിച്ച തനത്തെ വിജ്ഞാനം യജ്ഞം തനതേ കർമാണി ചത്തനത്തെ സർവകർമ്മങ്ങളെയും ആ വിജ്ഞാനം തന്നെ ചെയ്യുന്നു പക്ഷെ ശ്രദ്ധാദികളോടുകൂടി സമാധാനത്തോടുകൂടി യജ്ഞത്തെ അനുഷ്ഠിക്കുന്നു അതുമാത്രമുള്ള സർവകർമ്മങ്ങളെയും വൈദികവും അവൈദികവുമായ കർമ്മങ്ങളെയും തസ്മാ വിജ്ഞാന കർത്തൃകും സർവം അതുകൊണ്ട് പറയാം എന്താണോ വിജ്ഞാനമാണ് സർവത്തെയും ചെയ്യുന്നത് തസ്മാനമയ ആത്മാ ബ്രഹ്മാവുകൊണ്ട് ഇവിടെ പറഞ്ഞു ആത്മാവ് അതും പരമാർത്ഥത്തിൽ ബ്രഹ്മം തന്നെ ജീവൻ തന്നെ അന്നമയനായും പ്രാണമയനായും മനോമയനായും വിജ്ഞാനമയനായും ഇരിക്കുന്നു എന്താണ് ഇതൊക്കെ തമ്മിലുള്ള ബന്ധം വിജ്ഞാനമയനും അന്നമയനും തുടങ്ങി വിജ്ഞാനമയൻ എന്നീ ഭാവങ്ങളിലെല്ലാം ഇരിക്കുന്ന ഈ ജീവൻ അജീവൻ തന്നെയാണ് പരമാർത്ഥ ബ്രഹ്മമായിരിക്കുന്നത് ആത്മാ ബ്രഹ്മേരി അത് തന്നെയാണ് ആത്മാവായിരിക്കുന്നത് അതുതന്നെയാണ് ബ്രഹ്മമായിരിക്കുന്നത് പക്ഷെ പല ഭാവങ്ങളിലിരിക്കും ഓരോ ഭാവത്തിലും അത് ജീവസ്വരൂപത്തിലിരിക്കുന്നു പരമാർത്ഥത്തിലത് ബ്രഹ്മമായിരിക്കുന്നു പിൻ വിജ്ഞാനം ബ്രഹ്മ േ ഉപാസത്തെ ഇന്ദ്ര വിജ്ഞാനം ബ്രഹ്മ ആ വിജ്ഞാന ബ്രഹ്മത്തെ സർവദേവന്മാരും ഉപാസിക്കുന്നു ദേവ ഇന്ദ്രാദേവ ഇന്ദ്രാദിദേവന്മാരെല്ലാം ദേവന്മാരെ വെച്ചാൽ ഇന്ദ്രിയങ്ങളെന്ന് ഇവിടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ആശ്ചര്യമായിരിക്കുന്നത് വിജ്ഞാനമാണ് വിജ്ഞാനം സർവാധാരമായിരിക്കുന്നു ഇന്ദ്രാദേവ് ജ്യേഷ്ഠം എന്തുകൊണ്ട് ഉപാസിക്കുന്നു അത് ജ്യേഷ്ഠമാണ് പറഞ്ഞു മഹത്വം അതാണ് സൃഷ്ടിയിൽ ആദ്യം പ്രകടമായത് പിന്നെ വിജ്ഞാനത്തിലൂടെ സൃഷ്ടി അറിയും ബോധത്തിലൂടെ സൃഷ്ടി അറിയും അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് എന്താണ് ബോധം തന്നെയാണ് സർവത്തെ സൃഷ്ടിക്കുന്നത് എന്നും പറയാറുണ്ട് സൃഷ്ടിയെക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്നത് എന്തിനെ ആശ്രയിച്ചു ബോധത്തെ ആശ്രയിച്ചു അപ്പൊ സർവാധാരമായിരിക്കുന്ന പ്രഥമജമായിരിക്കുന്നത് ബോധം തന്നെയാണ് ശശി ഉണ്ടെന്നോ ഇല്ലെന്നോ സത്യമെന്നോ അസത്യമെന്നോ സർവചിന്തയും ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ജ്യേഷ്ഠം പ്രഥമജത്വ അല്ലെങ്കിലോ സർവപ്രവൃത്തിനാം തത്പൂർവത്വം സർവപ്രവൃത്തിയും ബുദ്ധിപൂർവകമാണ് വിജ്ഞാനമില്ലാതെ പ്രവൃത്തിയില്ല ജീവൻ അവിജ്ഞാനമാനായി ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്നു സങ്കല്പിക്കുന്നു പ്രവർത്തിക്കുന്നു പ്രഥമജം വിജ്ഞാനം ബ്രഹ്മോപാസത്തെ അവിജ്ഞാനമയനായി ബ്രഹ്മത്തോപാസിക്കുന്നു തസ്മിൻ വിജ്ഞാനമേ ബ്രഹ്മണ്യ അഭിമാനം ഉപാസത്തെ അതിൽ അഭിമാനത്തോടുകൂടി വിജ്ഞാനമയൻ നമുക്ക് പരിചയമുള്ളത് ഈ വിജ്ഞാനമയനായ ബ്രഹ്മത്തെയാണ് ബോധമയനായ ബ്രഹ്മത്തെയാണ് നമുക്ക് പരിചയമുള്ളത് അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണോ ബ്രഹ്മം അത് ബോധമാണ് ആത്മാവാണ് അറിവാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നത് ഗ്രഹിച്ചിട്ടാ പറയുന്നത് ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിട്ടാ പറയുന്നത് അല്ല പറയാൻ കഴിയില്ല ഗ്രഹിക്കുന്ന ആര് ഈ വിജ്ഞാനമയനെ യഥോ വാചോ നിവർത്തന്തി അപ്രാപ്തി മനസാസ എന്നു പറഞ്ഞു പരമാർത്ഥത്തെ അങ്ങനെ ഗ്രഹിക്കാൻ കഴിയില്ല എന്നാലും നമ്മൾ ഗ്രഹിക്കുന്നു ഗ്രഹിച്ചു എന്ന് അഭിമാനിക്കുന്നു അഭിമാനം കൊടുത്തുവാ ഉപാസത ധ്യാനിക്കുന്നു എന്തിനായി വിജ്ഞാൻ വിജ്ഞാനം വരെ എത്തു മനസ്സ് കാരണം മനസ്സ് സ്വയം വിജ്ഞാന സ്വരൂവുമാണ് അതിനപ്പുറം അതിന് പോകാൻ കഴിയില്ല തസ്മാ ബ്രഹ്മണ ഉപാസനാ ഞാൻ ഐശ്വര്യവന്തു വിജ്ഞാനമയനായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് കൊണ്ട് അവരെല്ലാ ദേവന്മാരെല്ലാം ജ്ഞാനഐശ്വര്യങ്ങളുള്ളവരായിത്തീരുന്നു തച്ച വിജ്ഞാനം വിജാനാതി എന്ന കേവലം വേദ ബ്രഹ്മണശ്ചേ എന്ന പ്രമാതി ആ വിജ്ഞാനം ബ്രഹ്മ ത്തെ ഉപാസിക്കുകയാണെങ്കിൽ അറിയുകയാണെങ്കിൽ അവന് പ്രമാദം സംഭവിക്കുന്നില്ല അവന് വീഴ്ചകൾ സംഭവിക്കുന്നില്ല തത്വത്തിൽ നിന്നും വിരിചരിക്കുന്നില്ല കാരണം തത്വത്തെ പ്രാപിക്കുന്നതിനുള്ള അന്തിമമായ ഉപായമാണ് ഈ വിജ്ഞാനം അത് അന്നത്തിനും പ്രാണനും മനസ്സിനുമെല്ലാം അപ്പുറമാണ് കാരണം ശ്രദ്ധയാകുന്ന ശിരസും സമാധാനമാകുന്ന ആത്മാവും എന്ന് പറയുമ്പോൾ അതിജ്ഞാനത്തിൻ്റെ പരവുമായ കാഷ്ടം അതിനെ ധ്യാനിക്കുന്നവൻ അവന് പ്രമാദം സംഭവിക്കുന്നില്ല വിജ്ഞാനത്തെ ആശ്രയിച്ചാണല്ലോ ധ്യാനിക്കുന്നത് വിജ്ഞാനത്തെയാണല്ലോ ധ്യാനിക്കുന്നത് ഒരാൾ ധ്യാനിക്കണമെങ്കിൽ എന്ത് വേണം ബുദ്ധി വേണം ബുദ്ധിയില്ലാത്തവന് ധ്യാനിക്കാൻ ധ്യേയമായിരിക്കുന്ന എന്തായിരിക്കും ബുദ്ധിയുടെ കല്പനയായിരിക്കും ബുദ്ധി സൃഷ്ടിക്കുന്ന അപ്പോൾ ധ്യാനരൂപത്തിലും ധ്യേയൂപത്തിലും ഇരിക്കുന്നത് ആത്യന്തികമായി വിജ്ഞാനം തന്നെ ആ വിജ്ഞാനത്തെ ധ്യാനമായും ധ്യേയമായും ധരിക്കുന്നവന് പ്രമാദം സംഭവിക്കുന്നില്ല ധ്യാനത്തിൽ പ്രമാദം സംഭവിക്കുന്നില്ല ധ്യേയത്തിൽ പ്രമാദം സംഭവിക്കുന്നില്ല ആത്യന്തികമായി വിജ്ഞാനം എത്തിച്ചേരാത്ത സ്ഥലമാണ് ബ്രഹ്മം എത്തിച്ചേരാത്ത സ്ഥലമാണെങ്കിലും ആ ബ്രഹ്മത്തെക്കുറിച്ച് ധ്യാനിക്കണം ബുദ്ധി എത്താത്ത ഒരു സ്ഥലത്തെ ബുദ്ധി കൊണ്ട് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ എന്താ എന്റെ താല്പര്യം അവിടെ ബുദ്ധിമയനായിരിക്കുന്ന ബ്രഹ്മത്തെ ബുദ്ധിയൊണ്ട് ധ്യാനിക്കുന്നു അതേ സാധ്യമാവും അത് പരമാർത്ഥമായ ധ്യാനമായി ബാഹ്യേഷു അനാത്മസ് ആത്മഭാവിതത്വപ്രാപ്തം വിജ്ഞാനം ഈ ബ്രഹ്മണി ആത്മഭാവനായ ഹ്രമദനം തന്നിവർത്തിയടുത്തുവച്ചത് തസ്മാ എന്ന പരമാത്യത ആത്മമയാഷ് ആത്മഭാവം ഹിത്വ ഇവിടെ ആ ജീവന് അവന്റെ തന്നെ സ്വരൂപത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതിനുവേണ്ടിയിട്ടാണ് ഈ കോശചിന്ത കോശങ്ങളെ കുറിച്ച് അവൻ പ്രത്യക്ഷമായി ഗ്രഹിക്കുന്ന അന്നമയത്തെയാണ് അന്നമയനായ ജീവനായി തന്നെ ഗ്രഹിക്കുന്നു ഈ ശരീരം മനോമയൻ പ്രാണമയൻ മനസ്സ് മനസ്സ് സ്വതാ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് അതിന് ലൗകികമെന്നോ അലൗകികമെന്നോ വിവേചനമൊന്നുമില്ല സർവത്ര പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് പ്രാണപ്രവൃത്തി ഇതിലെല്ലാം ആത്മഭ ഇതാണ് താൻ എന്നുള്ള വിചാരം ഉപേക്ഷിച്ചിട്ട് താൻ അന്നമയാദികളൊന്നുമല്ല കേവല വിജ്ഞാനമയേ ബ്രഹ്മണി ആത്മത്വം ഭാവയൻ കേവല വിജ്ഞാനമയൻ എന്ന് പറയുമ്പോൾ അന്നം പ്രാണം മനസ്സിനെ ലംബിട്ടിട്ട് മനസ്സിനുറമുള്ള വിജ്ഞാനം ആത്മത്വം ഭാവയൻ അതാണ് സ്വസ്വരൂപം എന്ന് ധ്യാനിക്കുന്നവൻ അങ്ങനെ ധ്യാനിക്കുകയാണെങ്കിൽ അവന് പ്രമാദ സംഭവിക്കുന്നില്ല അന്നമയാദിഷു ആത്മഭാവമഹിത്വ കേവല വിജ്ഞാനമയെ ബ്രഹ്മണി ആത്മത്വം ഭാവയൻ ആസ്ഥയിച്ചേദ്യതി ബാഹ്യേഷു അനാത്മസ്വ ആത്മഭാവിതത്വാ അവൻ്റെ ചിന്ത ഇതിലെല്ലാം ഉറച്ചിരിക്കുകയാണ് പരമാവധി അവന് തന്നെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നതും ഈ നാമരൂപത്തോടുകൂടിയിരിക്കുന്ന ഈ പിണ്ടമായിട്ടാണ് ഞാൻ അനാത്മസു ആത്മഭാവിതത്വ ശീലിച്ചുപോയി അവിടെ ആത്മഭാവന രൂഢമായി അതിനെ മാറ്റിയിട്ട് വിജ്ഞാനമയ ബ്രഹ്മണി ആത്മഭാവനായ പ്രമദനം അത് കുറച്ചുപോയതുകൊണ്ട് വിജ്ഞാനമയമായ തന്റെ സ്വരൂപത്തിൽ ആത്മഭാവന വരുന്നില്ല ബുദ്ധി വ്യതിചരിച്ചു പോകും അന്നാമ വസ്തുക്കളിൽ ബുദ്ധി കുറച്ചു പോകും നിവൃത്തിയർത്തം അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി പറയുന്നു തസ്മ ചെന്ന പ്രമാതി നീ വിജ്ഞാനം കൊണ്ട് യാളേ ബ്രഹ്മേ ആത്മഭാവം ഛത്ര പേ പ്പായ മീനത്ത് പുട പിടിക്കുന്നു പുടയെ മാറ്റിക്കഴിഞ്ഞാൽ നീഴലില്ല പുട പിടിക്കുമ്പോൾ നീളു വരുന്നു ഛത്രാപ്പായ കുട മാറ്റിക്കഴിഞ്ഞാലോ ചായാപ്പായ നീഴലില്ല തണലില്ല അതുപോലെ ശരീര പത്മനോഹിത്വ ശരീരഭിമാന നിമിത്ത ഹി സർവീ പത്മാനുഹ ശരീരാഭിമാന നിമിത്തമാണ് സർവപാപവും ശരീര അഭിമാനമുള്ളവനാണ് പാപവും പുണ്യവും പാപവും പറഞ്ഞാൽ പുണ്യവും മനസ്സിലാക്കണം ശരീരഭിമാനമില്ലാത്തവനാണ് അവൻ പാപ പുണ്യങ്ങൾക്കുപരിയാണ് അവൻ പ്രവർത്തിക്കുകയും നിവർത്തിക്കുകയുമൊക്കെ അവനെ സംബന്ധിച്ച് പാപപുണ്യങ്ങളില്ല ധർമാധർമ്മങ്ങളില്ല ശരി തെറ്റില്ല ന്യായ അന്യായമില്ല അവൻ സർവോപരിയാണ് അവന് ശരീര പാത്മന ശരീരഭിമാന നിമിത്തായി സർവേ പാത്മാണ ശരീരഭിമാനം ശരീരബോധം ശരീരബോധത്തെ തുടർന്നുവരുന്ന ശരീരഭിമാനം അതിനെ ആശ്രയിച്ചു വരുന്ന വാക്കും ചിന്തയും പ്രവൃത്തിയും ഇത് പാപ പുണ്യങ്ങൾക്ക് കാരണമാണ് അതുകൊണ്ടാണ് ആത്മജ്ഞൻ പാപപുണ്യങ്ങൾക്ക് അതീതനാണെന്ന് പറയുന്നു നമ്മുടെ ശരീരാഭിമാനവും ശരീരബോധം ശരീരബോധത്തിലുള്ള വരുന്ന ശരീരാഭിമാനമില്ല ശരീരത്തെക്കുറിച്ച് ബോധമില്ലെന്നല്ല ശരീരത്തെ കുറിച്ച് ബോധമുണ്ട് ശരീരത്തെ കുറിച്ച് ബോധമില്ലാതിരിക്കണമെങ്കിൽ ആത്മജ്ഞാനം പോരാ ഉറങ്ങണം ഉറങ്ങിയാൽ ശരീരത്തെ കുറിച്ച് ബോധം എന്റെ ജാഗ്രതയിലാണെങ്കിൽ എന്ത് വരുന്ന ശരീരത്തെ കുറിച്ച് ബോധം പക്ഷെ ആ ശരീരത്തെ കുറിച്ച് അത് ആത്മാവാണെന്നുള്ള ബോധമില്ല അതാണ് ശരീര ബോധമില്ലാന്ന് പറയുന്നതിൻ്റെ താല്പര്യം ശരീരത്തെ അറിയുന്നില്ല എന്നല്ല സ്വന്ത ശരീരത്തെ അറിയുന്നു അന്യശരീരത്തെ അറിയുന്നു പ്രപഞ്ചമാകുന്ന ശരീരത്തെ അറിയുന്നു അതെല്ലാം അറിയുന്നുണ്ട് പക്ഷേ അവിടെ അഭിമാനമില്ല എന്താണ് അഭിമാനമെന്ന് പറയുന്നത് അത് താനാണെന്നുള്ള ബോധം അതാണ് അഭിമാനം ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം അതാണ് ശരീരാഭിമാനം അതില്ല അതില്ലാത്തവന് ഇവിടെ പാവം ഇവിടെ പുണ്യം പൂർവാർജിതമായ പാപപുണ്യങ്ങളുമില്ല കാരണം പൂർവാർജിതമായ പാപപുണ്യങ്ങളെല്ലാം ശരീരാഭിമാനത്തിൽ നിന്നുണ്ടായതാണ് ശരീരാഭിമാനത്തെ തുടർന്നു വന്ന വാക്കും പ്രവൃത്തിയും കർമ്മങ്ങളും കൊണ്ടുണ്ടായതാണ് ഓരോ ജന്മത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ പുണ്യപാപങ്ങൾ അസ്വീകരിച്ചില്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ഭൂതകാലത്തുണ്ടായി അതുകൊണ്ടൊരാൾക്ക് പാപബോധം എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ് പാപബോധത്തിന്റെ ആവശ്യം കാരണം അത് വാസ്തവത്തിനില്ലാത്തതാണ് ശരീരാഭിമാനം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് ശരീരാഭിമാനം ഇല്ലാത്തവനെങ്ങനെ പാപബോധം വരും അയ്യോ ഞാനിന്ന തെറ്റ് ചെയ്തു അതിൽ നിന്ന് പാപമുണ്ടാകും എങ്ങനെയുള്ളൊരു പാപബോധം അങ്ങനെ ഉണ്ടാകും അച്ഛൻ ശരീരാഭിമാനമുള്ളവനത് വേണ്ടതുമാണ് അല്ലെങ്കിൽ അവൻ എന്തു ചെയ്യും അവൻ പാപമനുഷ്ഠിക്കും പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കും പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കണമെങ്കിൽ ഒരുവനും പാപബോധം വേണം ധർമാധർമ്മ ബോധമില്ലെങ്കിൽ അധർമ്മം അനുഷ്ഠിക്കും അന്യായ ബോധമില്ലെങ്കിൽ അന്യായമനുഷ്ഠിക്കും ശരിയും തെറ്റും തിരിച്ചറിഞ്ഞെങ്കിൽ തെറ്റ് ചെയ്യും പക്ഷെ ഇതെല്ലാം ശരീരബോധമുള്ളപ്പോൾ ഇവിടെ പറയുന്നത് ശരീരബോധത്തിനപ്പുറമുള്ള സ്ഥിതി ശരീരഭിമാന നശിക്കുന്ന സമയം അവിടെ എന്താണ് തിഷംജ വിജ്ഞാനമയെ ആ വിജ്ഞാനമയ സ്വരൂപത്തിൽ ണി ആത്മാഭിമാന നിമിത്താപായേ അവിടെ ആത്മാഭിമാനങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഹാനം പാപഹാനി സംഭവിക്കുന്നു പാപമില്ല ഉണ്ടായിട്ടില്ലാതാകുകയല്ല ഇതുവരെ പാപമുണ്ടായിരുന്നു അതെല്ലാം ഇല്ലാതാകുകയില്ല പാപമേയില്ല ഇത് കാലത്തിലും പാപമില്ല എന്നറിയുകയാണ് ഛത്രാപായവ ചായാപ ഛത്ര ഉള്ളപ്പോ ഛായയുണ്ട് ഛത്രം മാറ്റിയാൽ അതുപോലെ ശരീരാഭിമാനമുണ്ടെങ്കിൽ പാപമുണ്ട് ശരീരഭിമാനമില്ലെങ്കിൽ പാപമില്ല അപ്പൊ ശരീരാഭിമാനമില്ലാത്തവനോ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ പാപം ഉണ്ടാകത്തില്ല എന്ന് ചോദിച്ചു ശരീരാഭിമാനമില്ലാത്തവനെ സംബന്ധിച്ച് ദുഷ്കർമ്മവും ഇല്ല സത്കർമ്മവും ഇല്ല കർമ്മം ഹേതുവാണ് പാപപുണ്യങ്ങൾക്ക് ഹേതുവാണ് അവിടെ സത്കർമ്മവും ദുഷ്കർമ്മവും ഇല്ലെങ്കിൽ ഹേതുവില്ല ഹേതുവില്ലെങ്കിൽ അവിടെ പാപപുണ്യങ്ങളോ ഉണ്ടാകുന്നില്ല അവൻ ചെയ്യുന്ന കർമ്മങ്ങളോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ലോകസംഗ്രഹപ്രവൃത്തികളും മറ്റും അതിൽ നിന്ന് പാവപുണ്യങ്ങൾ അത് കർമ്മങ്ങളല്ല അവന്റെ കർമ്മങ്ങളെ കർമ്മങ്ങളായി ഗണിക്കാൻ കഴിയില്ല അത് കർമ്മഛായ കർമാഭാസം ഭാഷകാരും പറഞ്ഞിട്ടുണ്ട് അവിടെ ഫലത്തെ നൽകാത്ത കർമ്മഛായയാണ് അതുകൊണ്ട് അവിടെ പാപമില്ല എന്നാലും ചോദ്യം എന്നാലും അങ്ങനെ ഞാൻ ഈ തെറ്റ് ചെയ്യാൻ പാടുണ്ടോ പാപധർമ്മങ്ങൾ ചെയ്യാൻ പാടുണ്ടോ വീണ്ടും ചോദിക്കും അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഞാനീ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് അവസാനമില്ല ജ്ഞാനത്തെ അത്രയൊക്കെ വ്യാഖ്യാനിച്ചാലും വെളിപ്പെടുത്തിയാലും ശരി ശ്രോതാവ് ജ്ഞാനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിക്കില്ല ജ്ഞാനത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിക്കില്ല അതുകൊണ്ട് അതിന് സമാധാനം പറഞ്ഞാലും വീണ്ടും സമാധാനം വേറെ ചോദ്യത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ സമാധാനം അജ്ഞാനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമല്ല അതുകൊണ്ട് ആ ചോദ്യം ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല ഞാനിക്ക് പാപമല്ലേ ീ ദുഷ്കർമ്മം ചെയ്യാമോ ചെയ്യുമോ അജ്ഞാനിയെ സംബന്ധിച്ച് അത്ര സംശയങ്ങൾ ഒടുങ്ങത്തില്ല പറയുന്നത് ജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ നിലയെക്കുറിച്ച് പറയുക അവിടെ പാപപുണ്യങ്ങളില്ല എന്നാലും നമ്മൾ പറയുന്നുണ്ട് ഞാനി സത്കർമ്മം ചെയ്യുന്നു അത് പറയാം പറഞ്ഞല്ലോ അത് അജ്ഞന്റെ കാഴ്ചയാണ് ജ്ഞാനിയുടെ നിലയല്ല അജ്ഞന്റെ നിലയാണ് ജ്ഞാനിയുടെ നിലയിൽ എന്ന് പറഞ്ഞാൽ അവിടെ പാപമില്ല എന്നാൽ ഞാനി എന്ന് പറഞ്ഞു പാപം ചെയ്താലോ അതിന് ജ്ഞാനമോ ജ്ഞാനിയോ ഉത്തരവാദിയല്ല അത് അജ്ഞന്റെ കാര്യമാണ് പറയുന്നത് ഒരു ജ്ഞാനിയെന്ന് കരുതി പ്രവർത്തിക്കുന്നു എങ്കിൽ അത് അജ്ഞന്റെ കാര്യമാണ് ഇവിടെ അജ്ഞന്റെ കാര്യം ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്ഞാനിയുടെയും ജ്ഞാനത്തിൻ്റെയും കാര്യമാണ് അവിടെ ജ്ഞാനിക്കതിന്റെ ആവശ്യം വരുന്നില്ല അജ്ഞൻ എന്നെപ്പോലെ ജ്ഞാനിയാണെന്ന് നടശ്യം വരുന്നില്ല എന്തുകൊണ്ട് ബ്രഹ്മണി അവന്റെ അഭിമാനം ആത്മാവിലാണോ കോശങ്ങളല്ല ആത്മാവിൽ അഭിമാനം എന്ന് പറയുമ്പോൾ മറ്റഭിമാനങ്ങളെന്ന് നിരസിച്ചിരിക്കുന്നു അവൻ കേവലം ആത്മസ്വരൂപിയായിരിക്കുന്നു നിമിത്താപായെ ശരീരാഭിമാന നിമിത്തം അവിടെ ഇല്ല ഹാനമുപദ്ധ്യതയും പാപഹാനി അവന് സംഭവിച്ചിരിക്കുന്നു അവര് ജ്ഞാനിയുടെ കർമ്മത്തെ കുറിച്ചോ ജ്ഞാനിയുടെ പാപത്തെക്കുറിച്ചോ ഒന്ന് ചിന്തിച്ചിട്ട് ചിന്തിക്കുന്ന അർത്ഥശൂന്യമാണ് ചിന്തയ്ക്ക് വിഷയമാക്കേണ്ട കാര്യമില്ല അജ്ഞന്റെ കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കുക അജ്ഞന്റെ പുണ്യപാപങ്ങളെ കുറിച്ച് ചിന്തിക്കുക ആ ചിന്തയിൽ നിന്നും മാന നിമത്മന ശരീരപ്രഭവാൻ ശരീര വിജ്ഞാനമയ ബ്രഹ്മസ്വരൂപന്നാവാൻ കാണാനമയേവാത്മന സമസ്സിന് സമ്യക്ുങ്ക്രീരാഭിമാന നിമിത് സർവാൻ ശരീരപ്രഭവാണ് ശരീരേവഹിത്വ പറയുന്നു ഈ പാപം എവിടെ നിന്നുണ്ടായി പാപം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ജീവനെ അവന്റെ ബുദ്ധി ബോധിപ്പിക്കുന്നു ഇത് പാപമാണ് ഇത് പുണ്യമാണ് എത്ര കാലത്ത് ബോധിപ്പിക്കും അവന് ശരീരാഭിമാനം ഉള്ളിടത്തോണം കാലം ശരീരാഭിമാനം നിമിത്തമാണ് സർവാത്മാത്മന സർവപാപങ്ങൾ ശരീരപ്രഭവാ ശരീരത്തിൽ നിന്നുണ്ടായതാണ് അനാത്മാവുമായിട്ട് ബന്ധമൊന്നുമില്ല ഈ ശരീരമായിട്ടാണ് ബന്ധം അതിന് ശരീരേവഹിത്വ ശരീരത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നു അപ്പോൾ ആ പാപ പുണ്യങ്ങളെയെല്ലാം ശരീരത്തിൽ തന്നെ ഞാൻ കാണും തന്നെ കാണുന്നുണ്ട് ശരീരമുണ്ട് ഈ ശരീരം തന്നെ പാപപുണ്യങ്ങളുടെ ഫലമാണ് ഇപ്പോൾ പാപപുണ്യങ്ങളുടെ ഫലമായുണ്ടായ ശരീരം ഈ ശരീര നിമിത്തമായി ഉണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള പാപപുണ്യങ്ങൾ അതിന് ശരീരത്തിൽ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ആത്മഭാവനയെ തേജിച്ചിട്ട് സ്വസ്വരൂപത്തെ ഗ്രഹിക്കുമ്പോൾ അവൾ ശരീരത്തിൽ പാപങ്ങളെ തേജിക്കുന്നു പറയും വിവേകത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്തെങ്കിലും അഭ്യാസത്തിന്റെ കാര്യമുണ്ട് പാപങ്ങളെ ശരീരത്തെത്തിക്കാൻ കഴിയും അതാണ് പാപത്തിന്റെ ത്യാഗം എന്ന് പറയുന്നത് അല്ലാതെ പാപത്തെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല കാരണം അന്നമയം തുടങ്ങി അന്നം പ്രാണം മനസ്സ് വിജ്ഞാനം ആനന്ദം സർവവും പാപഹേതുക്കളാണ് സർവ്വവും പാപത്തിന് നിമിത്തമാണ് ആർക്ക് അജ്ഞനെ സംബന്ധിച്ച് സർവ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവും പക്ഷേ വിദ്വാൻ അതിനെ ഏതിനെ ആശ്രയിച്ചാണ് അതൊക്കെ ഉണ്ടാകേണ്ടതുണ്ടായത് അതിൽ തന്നെ അതിനുപേക്ഷിക്കും അത് അതിൻ്റേതാണെന്ന് കരുതുന്നു ശരീരത്തിൻ്റെതാണ് തൻ്റേതല്ല തൻ്റെ ശരീരചേഷ്ടകൾ വിദ്വാന്റെ ശരീര ചേഷ്ടകൾ അത് പാപത്തെ ഉണ്ടാക്കുന്നു പുണ്യത്തെ ഉണ്ടാക്കുന്നു എന്നൊന്നും ചിന്തിക്കാറില്ല എല്ലാ കർമ്മങ്ങളും അതിൻ്റെതായ ഫലത്തെ ഉണ്ടാക്കുമെന്നുള്ള നിയമം അനുസരിച്ച് അതെന്തെങ്കിലും ഫലത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ പുണ്യത്തെ പാപത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ തന്നെ ഉപേക്ഷിക്കുന്നു ശരീരത്തിന്റേതാണ് ശരീരം പ്രവർത്തിച്ചു ശരീരത്തിന് ഫലം കിട്ടി മനസ്സ് പ്രവർത്തിച്ചു മനസ്സിന് ഫലം കിട്ടി എന്ന് തന്റേതല്ല വിജ്ഞാനമയ ബ്രഹ്മസ്വരൂപാപന്ന താൻ സർവാൻകാമാണ് നേരത്തെ പറഞ്ഞു സർവകാമത്തെയും അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം സർവകാമവും സർവ ആനന്ദവും ഇതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു വിജ്ഞാനമയ നൈവാത്മന സമശ്രതയെ സമയഭുക്തി വിജ്ഞാനസ്വരൂപനായിരുന്നു കൊണ്ട് സർവത്തെ അനുഭവിക്കുന്നു അവിടെ അനുഭവം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല സമ്യക്തേ തത്വജ്ഞാനത്തിൽ അവൻ കാണും തത്വജ്ഞാനത്തിൽ പ്രകാശത്തിൽ അവൻ പാപപുണ്യങ്ങളെ കാണും എങ്ങനെ കാണുന്നു തന്നോട് സ്പർശമില്ലാത്തവയായി കർമ്മങ്ങൾ ഫലത്തെ ഉണ്ടാക്കുക സംസ്കാരം കർമ്മത്തെ സൃഷ്ടിച്ചതിന് തീരെ അതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷെ അത് എന്നെ ഒഴിവാക്കാമെന്ന് പറഞ്ഞെന്താ താല്പര്യം അത് തൻ്റെതല്ലെന്നറിയ തനിക്കതുമായി ബന്ധമല്ലെന്നറിയും അപ്പം അതിനെ ഒഴിവാക്കിയതായി സമയഭുക്തേ അവനതിന്റെ ആവശ്യമില്ല ശരീരത്തിന്റെ ആവശ്യമില്ല ശരീര അഭിമാനത്തിന്റെ ആവശ്യമില്ല അവിടെ അവനെ സംബന്ധിച്ചതിൻ്റെ ഹിത്വ ത്യാഗം സംഭവിച്ചിരിക്കുന്നു പിന്നെ ശേഷിക്കുന്നത് എന്താണോ പറഞ്ഞു എന്താണോ സർവഫലങ്ങളും ഏതെന്തിനാണോ അന്തർഭവിച്ചിരിക്കുന്നത് അതാണ് അതിൻ്റെ അനുഭവം മാത്രമേ പിന്നെ അതാണ് കാമങ്ങളെ അനുഭവിക്കുന്നു മങ്ങളെ കാമിക്കുന്നതിനു വേണ്ടി അതിന്റെ അനുഭവത്തിനു വേണ്ടി സർവാനുഭവ സ്വരൂപമായ സ്വസ്വരൂപത്തെ ധരിക്കുന്നവന് കാമത്തെ കാമിക്കേണ്ട കാര്യമില്ല അവന് പറയുന്നു അവൻ സമയഭുങ്ക് അവന് ശരിയായ ബോധത്തിൽ പ്രാരബ്ധേഷത്തെ അനുഭവിക്കുന്നു അത്ര ഇനി മുമ്പ് പറഞ്ഞതുപോലെ ഒരു തസ്യ പൂർവസ്യ മനോമയസ്യ ആത്മാ ശരീര മനോമയീര ആ മുമ്പ് പറഞ്ഞ മനോമയനെ കുറിച്ചാണ് അവന്റെ ശാരീരമാണ് ഈ വിജ്ഞാനമയൻ പറഞ്ഞതുപോലെയാണ്േഷ ശാരീരാത്മാ പൂർവ സത്മാദ്ജ്ഞാനമയ അന്യോ അന്തരാത്മാനന്ദമയ തസ്മാർത്ഥം ആനന്ദമയ കാര്യാത്മ പ്രതീതി അധികാരാത്മയശ്ദ െ കുറിച്ച് ചർച്ച ചെയ്യുന്നു ബ്രഹ്മസൂത്രത്തിൽ ആനന്ദമായ അധികരണമുണ്ട് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയും വൃത്തികാരൻ വാർത്തകാരനല്ല ഭാഷ്യകാരന്റെ പൂർവഭക്ഷി എന്ന് മനസ്സിലാവും ഭാഷ്യകാരന് മുമ്പ് ഇതിനെണ്ണം വ്യാഖ്യാനിച്ചാണ് ഭക്ഷ്യകാരനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന മുഴുവൻ ഈ വൃത്തികാരനോ വൃത്തികാരന്റെ സിദ്ധാന്തത്തെയാണ് ഭാഷകാരൻ ചോദ്യങ്ങളായി സ്വീകരിക്കുന്നത് മുഖ്യമായിട്ട് അതുപേരെ ഭാർത്ഥികാരൻ പേര് വൃത്തികാരന് ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ തോന്നിയ ആശയങ്ങൾ അത് പരമാർത്ഥ സത്യമാണ് അതുകൊണ്ട് അതിനെല്ലാം പൂർവ്വോക്ഷമാക്കി ഭക്ഷിക്കാർ എന്നിട്ട് നിഷേധിക്കുന്നു ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്നെല്ലാം ബ്രഹ്മത്തെ ആനന്ദമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആനന്ദമയം എന്ന് കേട്ടപ്പോൾ വൃത്തികാരം ധരിച്ചതാണ് അത് തന്നെ പരമാർത്ഥമായ പരമാത്മാവെന്നാണ് അതിനെ നിഷേധിക്കുന്നു അതിനെ നിഷേധിക്കുന്നതിനു വേണ്ടി ബ്രഹ്മസൂത്രത്തില് വളരെ നീണ്ട ചർച്ചയാണ് യുക്തികൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഭാഷത്തിനും വാർത്തികത്തിന് ഈ വിഷയം അതുപോലെ ചർച്ച ചെയ്യുന്നുണ്ട് ഭക്ഷ്യകാരനും വാർത്തകാരനും ഗുരുവിൽ ശിഷ്യനും ആചാര്യസ്വാമികളും സുരേശ്വരനും ഒരു തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് സൂക്ഷ്മമായ വ്യത്യാസങ്ങളുണ്ട് ധാരണ ശിഷ്യൻ അതിന് അതുപോലെ വള്ളി പുള്ളി വിസർഗം വിടാ സ്വീകരിച്ചോണമെന്നോ പക്ഷെ ഇവിടെ ശിഷ്യന് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല ഭാഗങ്ങളിലും കാണിക്കുന്നുണ്ട് ഭാഷകാരനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഇച്ചിരിടത്ത് ആ അഭിപ്രായ വ്യത്യാസത്തെ പ്രകടിപ്പിക്കുന്നു അതങ്ങനെ ഗുരു പറഞ്ഞാലേ ശിഷ്യൻ പറയണ്ട എന്നൊക്കെ നമ്മൾ ധരിക്കുന്നു ഗുരു ശിഷ്യ ബന്ധത്തെ കുറിച്ചുള്ള നമ്മള് ധാരണകളാണങ്ങനെ നമ്മളെ പറയിപ്പിക്കുന്നു ആചാര്യസ്വാമികളുടെ ശിഷ്യന്മാരെല്ലാവരും ഭാഷ്യത്തിന്റെ താൽപ്പര്യത്തെ വെളിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അവർ വ്യാഖ്യാനങ്ങളുണ്ടാക്കിയത് പക്ഷേ ആ വ്യാഖ്യാനങ്ങളിൽ ആ തത്വത്തിൽ നിന്നും വിടാതെ അവരുടെ സ്വന്തമായ സ്വതന്ത്രമായ ചിന്തയെ പ്രകാശിപ്പിച്ചിട്ടുണ്ട് അതൊരു നിന്ദയോ ഒരു നിഷേധമോ അല്ല ഗുരു പറയുന്ന കാര്യങ്ങൾ ഒരാൾ പറയുന്നു ഞാൻ അതുപോലെ അക്ഷരം പ്രതി അതിനെ ഗ്രഹിക്കുന്നു സ്വീകരിക്കുന്നു അനുഷ്ഠിക്കുന്നു എന്നെല്ലാം സാധാരണ പറയാറുണ്ടെങ്കിലും അതിന് പലപ്പോഴും ആധാരമായിരിക്കുന്നത് ശിഷ്യന്റെ മൂഢതയാണ് അജ്ഞതയാണ് എന്തുകൊണ്ട് ഗുരുന്ന് ഗുരു പറഞ്ഞതിന് ഞാൻ സർവാത്മന സ്വീകരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഗുരുവിൻ്റെ ഉപദേശത്തിൻ്റെ താല്പര്യം ഗ്രഹിക്കില്ലേ മോഡനെങ്ങനെ താല്പര്യം ഗ്രഹിക്കും ആ താല്പര്യം ഗ്രഹിക്കാത്തവനെങ്ങനെ പിന്നെ അവനെ അനുഷ്ഠിക്കും പറയാൻ പറ്റും ഞാൻ ഗുരുവിനെ അതേപടി പിന്തുടരുന്നു എന്നങ്ങനെ പറയാൻ കഴിയും അപ്പോ ഉത്തമനായ ശിഷ്യൻ എന്തു ചെയ്യുന്ന ശിഷ്യൻ അവിടെ അതിന്റെ താല്പര്യത്തെ ആ താല്പര്യത്തെ ഗ്രഹിക്കുന്നിടത്ത് അവന് തന്റേതായ ശൈലിയിൽ അവതരിപ്പിക്കാം ഗുരു അവതരിപ്പിക്കുന്ന തന്നെ ആയിരിക്കണം അതുകൊണ്ട് ശിഷ്യന്മാരുടെ പ്രതിപാദന ശൈലിയിലും ആശയ ആവിഷ്കാരത്തിലും വ്യത്യാസമുണ്ട് പല ഭാഗങ്ങളുണ്ട് പരമാർത്ഥമായ തത്വത്തിൽ അവിടെ വ്യത്യാസം വരുന്നത് പക്ഷെ പ്രക്രിയകളിൽ വ്യത്യാസമുണ്ട് അവതരണ രീതിയിൽ വ്യത്യാസമുണ്ട് അത്ര ഒരു രീതി സ്വീകരിക്കുന്നുള്ളത് ഗുരുനിന്ദയോ ഗുരുനിഷേധമോ ഒന്നും ആകത്തില്ല എന്തായാലും മൂഢതയേക്കാൾ ശ്രേഷ്ഠമാണ് ഇവിടെ മുഖ്യമായി ഭാഷകാരൻ നിഷേധിക്കുന്നു വൃത്തികാരന്റെ മതമാണ് ഇവിടെ ഭാഷയത്തിലെ ഉടനീളം ചോദ്യകർത്താവ് മുഖ്യമായും വൃത്തികാരനുമാണ് അദ്വൈതമെന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടെ സംഖ്യന്മാർ വരുന്നുണ്ട് നൈയായികന്മാർ വരുന്നുണ്ട് പലരും വരുന്നുണ്ട് ചോദ്യകർത്താവ് പക്ഷെ വൃത്തികാരൻ അദ്വൈതത്തോട് അടുത്ത് നിൽക്കുന്ന ആളാണ് സംഖ്യ യോഗ ന്യായശൈലിയെല്ലാം വിട്ടിട്ട് ഉപനിഷത്തിന് സ്വതന്ത്രമായൊരു ഭാഷയിൽ രചിച്ച ആളാണ് പക്ഷെ അദ്വൈതത്തിലെത്തിയില്ല ബ്രഹ്മസൂത്രത്തിനങ്ങനെ അദ്വൈതത്തിന് എത്തിയ ആചാര്യന്മാരെ കുറിച്ച് ഭാഷകാരൻ പറയുന്നു വൃത്തികാരൻ അവിടെ എത്തി അതുകൊണ്ട് ഇവിടെ ആനന്ദം എന്ന് കണ്ടപ്പോ വൃത്തികാരൻ ഭ്രമിച്ചു ബ്രഹ്മമാണ് അതിനൊ നിഷേധിക്കുന്നു അത് ശരിയല്ല പിന്നെന്താണോ ആനന്ദമീതി കാര്യാത്മ പ്രതീതി അധികാരാൽ മൈഡ് ശ്രദ്ധ ആനന്ദമയനെന്ന് പറയുന്നത് ഇവിടെ കോശത്തെടുത്താൽ മതി ആനന്ദമയ കോശം കാര്യാത്മ പ്രതീ കാര്യാത്മാവിനെടുത്താൽ മതി എന്നുവെച്ചാൽ ആനന്ദമയ കോശനായിരിക്കുന്ന ആ ജീവഭാവത്തെ എടുത്താൽ മതി അധികാര ഇവിടെ കോശ അധികാരമാണല്ലോ മന്നം പ്രാണം മനസ്സ് ബുദ്ധി എന്നിങ്ങനെ പറയുന്നത് കോശങ്ങളെ കുറിച്ചാണ് അതിൻ്റെ ഒടുവിലാണ് ആനന്ദമയു എന്ന് പറഞ്ഞത് അവിടെ മാത്രം പെട്ടെന്ന് കോശത്തെ വിട്ടിട്ട് പരബ്രഹ്മെന്നുള്ള അർത്ഥം ആനന്ദ ശബ്ദം കൊണ്ട് കേട്ടിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അബദ്ധമാണ് മാത്രമല്ല ആനന്ദമയ ആനന്ദശബ്ദത്തിൽ നിന്ന് മയട്ടെന്ന് പറയുന്നത് അദ്ധ്യതപ്പെട്ട ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് മയട് ശബ്ദ മയട്ട് ശബ്ദത്തിൽ നിന്ന് മനസ്സിലാകും ഇത് ആനന്ദമയനാണോ ആനന്ദസ്വരൂപനല്ല എന്തുകൊണ്ട് ആനന്ദമയാധി കാര്യാത്മാനോ ഭൗതികാ ഹാധിക അന്നമയം തുടങ്ങി ആനന്ദമയം വരെ പറഞ്ഞു അന്നമയാദി കാര്യാത്മാവാണോ അതോ ആത്മാവ് തന്നെ പക്ഷകാരി ആത്മാവ് ഭൗതിക ഇതെല്ലാം ഭൗതികമാണ് അലൗകികമായിരിക്കുന്ന അതീന്ദ്രിയമായിരിക്കുന്ന പരമാർത്ഥാത്മാവല്ല ഭൗതികമായി നമ്മളെല്ലാം അറിയുന്ന നമുക്കെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവാണ് തത് അധികാര പതിതശയം ആനന്ദമയഹ ആ ഒരു ഒഴുക്കിൽ വരുന്നതാണ് അന്നം പ്രാണം മനസ്സ് ബുദ്ധി ആനന്ദം അതുകൊണ്ട് തത് അധികാരപതി ആനന്ദമയ മയട്ട് അത്ര വികാരാർത്ഥിയ ദൃഷ്ടവും ഇവിടുത്തെ മയട്ടിന്റെ അർത്ഥവും വികാരമെന്നാണ് പ്രാചുര്യ അർത്ഥമുണ്ട് മയട്ടിന്റെ വികാരാർത്ഥമുണ്ട് ചിലപ്പോ സ്വരൂപമെന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ മയട്ടെന്ന് പറയുന്ന വികാരാർത്ഥത്തിലാണ് യഥാ അന്നമയം ഇത് അന്നമയനെന്ന് പറയുന്നത് എന്താണ് അന്നവികാരം അതുപോലെ വികാരാർത്ഥത്തിലാണ് ആനന്ദം ബ്രഹ്മസ്വരൂപം എന്ന് പറയാം പക്ഷെ ആനന്ദം നമ്മൾ അറിയുന്നത് അനുഭവിക്കുന്നത് എന്നാ ഇവിടെ അന്തക്കരണത്തിൽ മനോവൃത്തികളിലാണ് ആനന്ദത്തെ അനുഭവിക്കുന്നത് ആനന്ദം പരമാർത്ഥമാണോ അല്ല അതെന്താണ് വികാരപ്പെടുന്നതാണതുകൊണ്ടാണ് ഇവിടെ ആനന്ദം മയൻ വികാരാർത്ഥത്തിൽ മൈഡ് ശബ്ദം പ്രയോഗിച്ചത് ഇതെല്ലായിടത്തേ തകരാറുണ്ട് ബ്രഹ്മം ആനന്ദമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ നമുക്ക് പരിചയമുള്ള ആനന്ദത്തെ കുറിച്ച് ആനന്ദമാണ് ബ്രഹ്മം അതല്ല ബ്രഹ്മം ബോധമാണ് അറിവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ചിന്തിക്കുക എന്താണ് ഓ ആ ബോധം അറിവ് എന്റെ ഒഴിഞ്ഞ എന്റെ അറിവ് അതാണ് ബ്രഹ്മം അതൊക്കെ അസംബന്ധമാണ് ഞാൻ ഇതിനെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ മനോവൃത്തി അറിവാകുന്ന മനോവൃത്തി അതല്ല ബ്രഹ്മം അതിൽ നിന്നും മാറ്റാൻ വേണ്ടിയാണ് പറഞ്ഞത് വിജ്ഞാനമയൻ കോശനാണ് കോശമാണ് അതുപോലെ ആനന്ദമയം അത് കോശമാണ് പരമാർത്ഥമല്ല എന്തുകൊണ്ട് മൈട്ട് അത്ര വികാരാർത്ഥത്തിഷ്ടോ മായിട്ടവിടെ വികാരാർത്ഥത്തിലാണ് അന്നമയം എന്ന് പറയുന്നെടുത്ത് അന്നവികാരം എന്ന് ധരിച്ചതുപോലെ തസ്മാൻ കാര്യാത്മാനന്ദമയ പ്രത്യേക അതുകൊണ്ടിവിടെ ആനന്ദമയനായ ജീവൻ ആനന്ദോപാധികനായ ജീവൻ എന്നെടുത്താൽ മതി ഇവിടെ വ്യക്തമായ തെളിവുകളുണ്ട് മറ്റൊന്നും ഉണ്ട് എന്താണ് സംക്രമണ ആനന്ദമയ ആത്മാനവും അസംക്രാമതീതി ഭക്ഷ്യവും ഇവിടെ ഒരു സംക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ായ ആത്മാവിനെ പ്രാപിക്കുന്നു പ്രേരണ ആനന്ദത്തെ ധ്യാനിക്കുന്നു ആനന്ദമായി തീരുന്നു വിജ്ഞാനത്തെ ധ്യാനിക്കുന്നുവൻ വിജ്ഞാനത്തെ പ്രാപിക്കുന്നു ഇവിടെ ആരാരെ പ്രാപിക്കുന്നു പ്രാപിക്കുന്നുവൻ ഒരുവൻ വേറെ പ്രാപിക്കേണ്ടവൻ മറ്റൊരുവൻ ദ്വൈതം വന്നു കഴിഞ്ഞു സംക്രമണം എന്ന് പറയുമ്പോൾ ഇവിടെ ദ്വൈതം ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് പോകുന്നു ഒന്നിനെ വിട്ടു മറ്റൊന്നിനും ഗ്രഹിക്കുന്നു അതൊക്കെ എവിടെ സംഭവിക്കും ഈ ആനന്ദമയനും സംഭവിക്കും അതിനപ്പുറം സംഭവിക്കത്തില്ല ബ്രഹ്മം ആനന്ദാതീതമാണ് ആനന്ദാതീതമായിരിക്കുന്ന ബ്രഹ്മത്തിനടുത്ത് നിൽക്കുന്നതാണ് ആനന്ദമയ ബ്രഹ്മം അതന്നെ നമ്മൾ പറയുന്നത് ഇനി ചർച്ച ചെയ്യുക സുഷൃക്തിയിൽ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്താ അവിടെ ആനന്ദമയനായ കോശന കോശത്തെ അനുഭവിക്കണം അല്ല എന്തുകൊണ്ടവിടെ അജീവഭാവമില്ല ആനന്ദമയനായ ആ കോശം അവിടെ ഉണ്ട് അതടുത്ത സൃഷ്ടിക്കെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും പിന്നെ ആനന്ദം എവിടെ പോയി ആനന്ദസ്വരൂപനായ പരമാത്മാവ് തന്നെയാണ് ആനന്ദമയനായ കോശരൂപത്തിൽ പ്രകടമായത് അത് തന്നെയാണ് വിജ്ഞാനരൂപത്തിൽ പ്രകടമായതല്ല അങ്ങനെ പ്രകടമാകുമ്പോഴും ആനന്ദസ്വരൂപനായ ബ്രഹ്മ അല്ലെങ്കിൽ വിജ്ഞാനസ്വരൂപനായ ബ്രഹ്മം വേണമെങ്കിൽ ആ ബ്രഹ്മത്തെ അന്നസ്വരൂപനെന്ന് പറയാം പ്രാണസ്വരൂപനെന്ന് പറയാം മനസ്വരൂപനെന്ന് പറയാം വിജ്ഞാനസ്വരൂപനെന്ന് പറയാം ഏത് ഭാഷയിലും പറയാം ആ ബ്രഹ്മം അവിടെ ഈ ഉപസംക്രമണം ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം അതീതമായി നിൽക്കുന്നു സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഒരു സംക്രമണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു കടന്നുപോക്കിനെ പറയുന്നു ഒരിടത്തു നിന്ന് വേറൊരു ഭാഗത്ത് എത്തിച്ചേരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ആനന്ദമയം ആത്മാനോപസംക്രാമതി ആനന്ദമയനായ ആത്മാവനെ പ്രാപിക്കുന്നു അങ്ങനെയെല്ലാം പറയുമ്പോൾ മനസ്സിലാക്കണം അത് പരമാർത്ഥത്തെക്കുറിച്ചല്ല പറയുന്നു പരമാർത്ഥത്തോട് അടുത്ത് നിൽക്കുന്നതിനെക്കുറിച്ചും പറയും പരമാർത്ഥത്തോട് അകന്നു നിൽക്കുന്നതിനെ കുറിച്ചും പറയും ഇതെല്ലാം ഒരു തരത്തിൽ പരമാർത്ഥസ്വരൂപം തന്നെ പരമാർത്ഥത്തോട് അടുത്ത് നിൽക്കുന്നു ആനന്ദമയം പരമാർത്ഥത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു അന്നമയം ഇതെല്ലാം വാസ്തവത്തിൽ ആ പരമാർത്ഥസ്വരൂപവുമാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നതിൽ വൈരുദ്ധ്യം വരത്തില്ല ഒന്ന് മറ്റൊന്നിനു വിരോധമാണെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടിവിടെ സംക്രമണത്തെക്കുറിച്ച് പറയുന്നു മയട്ടം ഉപയോഗിച്ചിരിക്കുന്നു ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം ആനന്ദമയൻ പരമാത്മാവല്ല ഈ കാര്യം സമർപ്പിക്കുന്നതിന് വേണ്ടി ബ്രഹ്മസൂത്രത്തിൽ എത്രയോ പേജുകളാണ് ചെലവാക്കിയിരിക്കുന്നത് ഭാഷകർ കാര്യത്മനാമ സംക്രമണം അനാത്മനാന്തിഷ്ടം സംക്രമണ കർമ്മത്വനിച്ച ആനന്ദമയ ആത്മാ ശ്രൂ അവിടെ സംക്രമണ കർമ്മമായിട്ടാണ് ആനന്ദമയ ആത്മാവിനെ കുറിച്ച് അവിടെ എത്തിച്ചേരുന്നു എന്നാണ് ആരെത്തിച്ചേരുന്നു ജീവൻ ആ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോ അവിടെ ഒരു ഗതി ചെറിയ അത് ആനന്ദമയൽ ഉള്ള എത്തിച്ചേരൽ അത് പരമാർത്ഥത്തിലുള്ള എത്തിച്ചേരലല്ല പരമാർത്ഥത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല അവിടേക്ക് വഴി ഗതിയില്ല ഭക്ഷകന് എത്രയോ സ്ഥലത്ത് പറയുന്നു ആകാശത്ത് പറക്കുന്ന പക്ഷികൾ അവിടെ അതിന്റെ പാദചിഹ്നത്തെ അവശേഷിപ്പിക്കുന്നില്ല ഗതിയില്ല ഗതിയില്ലാത്തടത്ത് ഗമിക്കുന്ന എങ്ങനെ സംഭവിച്ചു അപ്പൊ ഇവിടെ ഗതിയെ കുറിച്ച് പറയുന്നത് കൊണ്ട് ആനന്ദമേന അതല്ല പരമാർത്ഥം കാര്യാത്മനാം സംക്രമണം അനാത്മനാം ദുഷ്ടം സംക്രമണ കർമ്മത്തിനു വെച്ച ആനന്ദമായി ആത്മാശ്രീയത്തെ ആനന്ദമേന അങ്ങനെയല്ല കാണിക്കുന്നു സംക്രമണ കർമ്മമായിട്ട് കാണിക്കുന്നു അവിടെ എത്തിച്ചേരുന്നു യഥാന്നമയും ആത്മാനും ഉപസംക്രാമതി എന്ന് പറഞ്ഞതുപോലെ അന്നമേന പ്രാപിക്കും പ്രാണമേനെ പ്രാപിക്കുന്നു മനോമേന പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എന്നുവെച്ചാൽ ആത്മനയവ ഉപസംക്രമണം ആത്മാവാത്മാവിനെ പ്രാപിക്കും സാധ്യമല്ലല്ലോ ആനന്ദമയനാണ് ആത്മാവെന്ന് പറഞ്ഞു പിന്നെ അതിനെ പ്രാപിക്കുന്നത് സാധ്യമല്ല അതുകൊണ്ട് ആനന്ദമയൻ ആത്മാവല്ല ആ അതിനു വേണമെങ്കിൽ പറയാം ജീവനാണ് ജീവന്റെ ഒരു ഭാവമാണ് പരമാത്മഭാവം പരമാത്മാവിന്റെ രണ്ട് ഭാവം ഒന്ന് ജീവഭാവം മറ്റൊന്ന് പരമാത്മാഭാവം ആ ജീവഭാവത്തിൽ പോക്ക് വരവെല്ലാം സംക്രമണം പരമാത്മഭാവത്തെ അതില്ല അതുകൊണ്ട് ഇവിടെ ആനന്ദമായ പറഞ്ഞത് ആ പരമാത്മഭാവത്തെ അല്ല തന്നിവിടെ സംക്രമണത്തെ കുറിച്ച് പറയുന്നുണ്ട് അധികാര വിരോധ അസംഭവാച് ഇവിടെ എന്താണ് സന്ദർഭം എന്താണ് അധികാരം സന്ദർഭം എന്തിനെ കുറിച്ചാണ് പറയുന്നത് കോശങ്ങളെ കുറിച്ച് പറയുകയാണ് അസംഭവാച് അസംഭവം എന്ന് പറയന്തോഷം ഉണ്ടെന്നു കൊണ്ട് ആ പരമാർത്ഥത്തിൽ സംക്രമണം സംഭവിക്കുന്നുണ്ട് ആരും പരമാർത്ഥത്തിൽ എത്തിച്ചേരുന്ന വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ഒക്കെ എത്തിച്ചേരാം അസാധ്യമാകും പക്ഷെ പരമാർത്ഥത്തിൽ എത്തിച്ചേരാധ്യമുണ്ട് അവിടേക്ക് വഴിയില്ല എത്തിച്ചേരാം അതാണ് അതായിരിക്കുകയുള്ളു അത് പറയുന്നു നഹി ആത്മന ഏവ ആത്മനോപസംക്രമണം സംഭവിക്കും താൻ സ്വയം തന്നിലേക്ക് പോകുക ആത്മാശ്രയദോഷം വരുന്നു എന്ന സംഭവം അത് സംഭവിക്കത്തില്ല തനിക്ക് മറ്റൊരിടത്തേക്ക് പോവാ തന്നിലേക്ക് പോവാൻ സാധ്യമല്ല എന്തുകൊണ്ട് സ്വാത്മന് ഭേദാഭാവം സ്വസ്വരൂപത്തിൽ ഭേദമില്ല ഭേദമുള്ള അടുത്തേ പ്രാപ്തി പ്രാപക ബന്ധമാണ് രാമൻ ഗ്രാമത്തിൽ നിന്ന് വേറെയാണ് രാമൻ ഗ്രാമത്തിലേക്ക് പോകുന്നു രാമൻ തന്നെ ഗ്രാമമായി കഴിഞ്ഞാൽ രാമന് ഗ്രാമത്തിൽ പോകാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ഭേദാഭാവത്തോടെ ഭേദമില്ല സ്വാത്മനി സ്വസ്വരൂപത്തിൽ ഭേദമില്ല നമ്മുടെ സ്വസ്വരൂപത്തെ പ്രാപിക്കാൻ മോക്ഷത്തെ നേടാൻ ആർക്ക് സാധ്യമല്ല മോക്ഷത്തെ നേടുന്ന മോക്ഷം നേടാൻ സാധ്യമല്ലാന്ന് ഗ്രഹിക്കുന്നു അപ്പോൾ മോക്ഷത്തെ നേടുന്നു അതാണ് മോക്ഷത്തിന്റെ നേട്ടമെന്ന് പറയുന്നത് അല്ലാതെ മോക്ഷത്തെ നേടിയെടുക്കുന്ന ഒന്ന് അല്ല അതിന് നേടിയെടുക്കുമ്പോഴല്ല നമ്മുടെ ഭേദമില്ല സ്വത്മിന് ഭേദാഭവാ എന്തുകൊണ്ട് ആത്മഭൂതം ബ്രഹ്മസംക്രമി ഇവിടെ സംക്രമിക്കുന്നവനുണ്ടല്ലോ പോകുന്നവൻ ആനന്ദത്തെ പ്രാപിക്കുന്നവൻ അവന്റെ കർമ്മമല്ല ആനന്ദം അവന്റെ സ്വരൂപമാണ് ആനന്ദം അവന്റെ ആത്മാവാണ് ആനന്ദമായിരിക്കുന്നത് അതാണ് ആത്മഭൂതം ജബ്രഹ്മ സംക്രമിക്കു ശിരാദി കൽപ്പന അനുപത്തെശ്ശം അതുമാത്രമല്ല ആനന്ദമേനെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നു പ്രിയമേവ മോദമേവ ഇങ്ങനെ ശിരസ് ആത്മാവ് പക്ഷം ഇതെല്ലാം പറയുന്നുണ്ട് ആത്മാവിൽ ഇതൊന്നുമില്ല അന്നമായ കോശത്തിൽ ഇതെല്ലാം ഉണ്ട് ശിരാദി കൽപ്പന അനുപത്യം ചിരാതി കൽപ്പന അനുപന്നമാണ് ആയുക്തമാണ് ആത്മാവാണ് ആനന്ദമയുന്നെങ്കിൽ അതല്ല അതുകൊണ്ട് കോശത്തെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാ ഇക്കാര്യം വിശദമാക്കുന്നുണ്ട് പിന്നീട് പ്രകടനഗ്രന്ഥങ്ങളിലും പറ്റും ആനന്ദമയുന്നു അത് കോശമാണ് അത് ആത്മാവല്ല പരമാർത്ഥമല്ല ബ്രഹ്മ യഥോക്തലക്ഷണേ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു സത്യം ജ്ഞാനം ആനന്ദം എന്ന് പറഞ്ഞു ആകാശാദികാരനെ ആ ബ്രഹ്മം എന്താണ് ആകാശാദികൾക്കും കാരണമാക്കാര്യപദ്ധ്യതി അത് കാര്യത്തിന്റെ കൂട്ടത്തിൽ പെടുന്നതല്ല ശിരാതി അവയവരൂപ കൽപ്പന ഉപപദ്ധ്യത ഇനോപദ്ധ്യതി അവിടെ അതിന് തലയുണ്ട് വാലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും ബ്രഹ്മത്തിന് അങ്ങനെ തലയും പാലും എല്ലാം വരും തലയും പാലുമെല്ലാം പറയുന്നുണ്ടെങ്കിൽ ആ കല്പന ആ ഭാവനയെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒന്നിനാണ് ജീവന് തന്നെയാണ് ഇതെല്ലാം ഉള്ളത് ബ്രഹധാരണത്തിൽ പറയുന്ന ദൃശ്യി അനാദ്മി അന്നലയനി അന്നിരത്തി കാണാൻ വയ്യ കേൾക്കാൻ വയ്യ അനാധാരമില്ല നിർവചിക്കാൻ വയ്യ അതിനാദിയില്ല അന്തമില്ല ആ സ്ഥൂലം അനണു സ്ഥൂലമല്ല അണുവല്ല നീതി നേതി ഇതാണ് ഇതാണെന്ന് പറയാൻ വയ്യ അത് ആനന്ദം എന്ന് പറയാൻ വയ്യ വിജ്ഞാനം എന്ന് പറയാൻ വയ്യ ഇത്യാദി വിശേഷ അപ്പോഹശ്രുതിവിധ അതുകൊണ്ട് ഏതെല്ലാം ഭാവനാ സങ്കല്പം വരും അതാണ് വിശേഷം ബ്രഹ്മത്തെ നമുക്ക് എങ്ങനെയല്ല സങ്കല്പിക്കാൻ പറ്റുന്നു ഒരിക്കലും ആ സങ്കല്പത്തിലുള്ള ബ്രഹ്മത്തെ പ്രാപിക്കാൻ കഴിയില്ല എന്ത് ചെയ്യുന്നു വിശേഷ അപ്പോഹശശ്രുതി ശ്രുതി സർവവിശേഷങ്ങളെ അവിടെ നിഷേധിക്കും അപ്പോഹനം ചെയ്യുന്നു എന്നിട്ട് ശ്രുതി അവസാനം പറയുന്ന എന്താണ് നെയ്തി നെയ്തി നിഷേധ രൂപത്തിൽ ബോധിപ്പിക്കുന്നു അതെങ്ങനെ ആനന്ദമയനാണ് അതുകൊണ്ട് ആനന്ദമാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഇവിടെ പറയുമോ എൻ്റെ ഏറ്റവും കുറച്ചുള്ള കുറിച്ചൊക്കെ പറയും നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം അതിൽ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ ആനന്ദം അതിനേക്കാളും വലിയൊരാനന്ദം എന്ന് ആനന്ദത്തിന്റെ താരതമ്യത്തിലൂടെ ഗ്രഹിക്കുന്ന വലിയൊരു ആനന്ദമല്ലാതെ ആ സർവ ഇവിടെ പറഞ്ഞ അപ്പോഹം സർവവിശേഷങ്ങളെയും അപോഹനം ചെയ്ത ഒരു വിശേഷങ്ങൾക്കും നിലനിൽപ്പില്ലാത്ത ആ സുഷൃത്തിയിൽ അവിടെ ആരെന്ത് സുഖമനുഭവിച്ചു ആരെങ്കിലും എന്തെങ്കിലും സുഖം അനുഭവിച്ചു ഉറങ്ങുന്ന ആരെങ്കിലും പറയാറുണ്ടോ ഉറങ്ങുന്ന ഗുരു ശിഷ്യനെ ബോധിപ്പിക്കുക ഇതാ ഞാൻ പരമാനന്ദത്തെ അനുഭവിക്കുന്നു പറ്റുമോ ഉണന്നതിന് ശേഷം പല യുക്തികളും പറയും അതെല്ലാം കേവല യുക്തികളാണ് പരാമർശങ്ങൾ അതിനെ ആശ്രയിച്ചു വരുന്ന യുക്തികളാണ് ഉറക്കത്തിൽ പറയാൻ വയ്യ ഗുരുവിനും ശിഷ്യനും പറയാൻ ഞാൻ ഇത് ആനന്ദത്തെ അനുഭവിക്കുന്നു ഞാൻ ആനന്ദരൂപമായി ബ്രഹ്മമാണ് ാനന്ദം ബ്രഹ്മ എന്ന് പറയുന്നതോ അത് സത്യമാണ് ബ്രഹ്മ ജ്ഞാനമാണ് ബ്രഹ്മ അനന്തമാണ് ബ്രഹ്മ എന്ന് പറയുന്നത് പോലെയുള്ളൂ അതിൽ നിന്നൊക്കെ എന്ത് ഗ്രഹിച്ചോ എന്താ സത്യം എന്ന് പറഞ്ഞപ്പോൾ ഈ വ്യവഹാരികമായ ലൗകികമായ സത്യത്താണോ ഗ്രഹിച്ചത് ജ്ഞാനം എന്ന് പറയുമ്പോൾ ഈ ഉണ്ടായി നശിക്കുന്ന ബുദ്ധിയാണോ ഗ്രഹിച്ചത് അനന്തം എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തിനോ ഗ്രഹിച്ചു അതിനൊന്നുമല്ല ഗ്രഹിച്ച അതിനൊക്കെ അപ്പുറമുള്ളതെന്ന് ഗ്രഹിക്കാനാണ് നേതി നേരി എങ്ങനെയാണോ ഫലം ചെയ്യുന്നത് അതുപോലെയാണിതും ഫലം ചെയ്യുന്നത് അതാണ് വിശേഷ അപോസ്റ്റ് അതെല്ലാം പറയുന്നത് വിശേഷത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പരമാർത്ഥത്തെ ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ സാധ്യമല്ല ഒരു ലക്ഷണത്തെ കൊണ്ടുതന്നെ വിശേഷിപ്പിക്കാമില്ല അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു അദർശി അനാഗ്നി അനിലൈന്യം അനിരുക്തി അസ്തുലം അനണു നീതി നീതി ഈ നിഷേധങ്ങൾ എല്ലാം പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്നത് നിഷേധിക്കേണ്ടതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നു നിഷേധിക്കേണ്ടതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യ ശേഷിക്കും നിഷേധിക്കുന്നുവു ശേഷിക്കും ഇപ്പം സർവത്തെയും നിഷേധിച്ചാൽ അനാത്മാവായ സർവത്തെയും നിഷേധിക്കുമ്പോൾ തൻ്റെ ശരീരം ഉൾപ്പെടെയുള്ള അന്നമയാദികളെ സർവത്തെയും നിഷേധിക്കേണ്ടി തനിക്ക് വെളിപ്പെടുന്ന സർവ്വത്തെയും നിഷേധിച്ചാൽ അതാണ് അപ്പോഹം അപ്പോഹന അതുകൊണ്ടിവിടെ ആനന്ദമയൻ അത് ജീവൻ തന്നെയാണ് ജീവകോശമാണ് എന്ന് പറയും ഇനി ഇവിടെയെങ്കിലും ആനന്ദമയനെ ബ്രഹ്മമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം ആനന്ദമയ സ്വരൂപം അത് പറയാം ഈ അന്നമയം അതിന്റെ സ്വരൂപം ആത്മാവ് തന്നെ പ്രാണമനോവിജ്ഞാനമയന്റെ സ്വരൂപം ആത്മാവ് അതുപോലെ ആനന്ദമയന്റെ സ്വരൂപവും ആത്മാവാണ് ആ അർത്ഥത്തിൽ ചിലടക്ക് ബ്രഹ്മം ആനന്ദമാണ് എന്ന് പറയാം അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പാൽപ്പായസം കുടിക്കുന്ന ആനന്ദം എന്നുള്ള അർത്ഥത്തിലല്ല പറയും ബ്രഹ്മം അതുകൊണ്ട് ഇപ്പൊ അനുഭവിക്കുന്നതിൽ നിന്നും വലിയൊരാനന്ദം ആനന്ദമാണ് ബ്രഹ്മം ആ അർത്ഥത്തിലല്ല പറയുന്നത് ഇപ്പൊ അനുഭവിക്കുന്നതിൽ ആനന്ദങ്ങൾ അതിനേക്കാൾ വലിയ ആനന്ദം സാദിശയമായ ആനന്ദം ഏറ്റക്കുറച്ചുള്ള ആനന്ദം അതിന് ഉപായങ്ങൾ പലതാണ് ലൗകികമായ ഉപായങ്ങൾ വലുതാണ് അലൗകികമായ ഉപായങ്ങളുണ്ട് പക്ഷേ നിരുദ്ദിശയമായ ആനന്ദം അതിനാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അതിനും മറ്റുള്ള സർവത്തെ നിഷേധിച്ചിട്ട് വെളിപ്പെടുത്തുന്നതും മന്ത്ര ഉദാഹരണാൽ ഇനി അടുത്ത് മന്ത്രത്തിൽ പറയുന്ന ഉദാഹരണങ്ങളെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാലും മനസ്സിലാകുന്നതാണോ ആനന്ദമയൻ പരമാത്മാവല്ല ജീവൻ തന്നെയാണ് ജീവഭാവത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും